സ്രാവു മത്സ്യത്തിന്റെ വയറ്റിലായ വ്യക്തിയെപ്പറ്റി യൂനുസ് അലഹിസലാം ഓർക്കുക അദ്ദേഹം കോപത്തോടെ പോയി നാം അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കില്ല എന്നദ്ദേഹം കരുതി അങ്ങനെ ഇരുളുകളിൽ വെച്ച് അദ്ദേഹം വിളിച്ചു പ്രാർത്ഥിച്ചു നീ അള്ളാഹുസുബഹാനുഭൂവത്ത ആലയല്ലാതെ മറ്റൊരു ദൈവവുമില്ല നീ പരിശുദ്ധനാണ് തീർച്ചയായും ഞാൻ അക്രമികളിൽപ്പെട്ടവനായിരിക്കുന്നു